ഒരൊറ്റ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിക്കുകയും അതിൽ നിന്നു തന്നെ അതിൻറെ ഇണയെ ഉണ്ടാക്കുകയും ചെയ്തവൻ അവനാണ് അവളിൽ അവൻ സമാധാനം കണ്ടെത്താൻ വേണ്ടി അവൾ അവളുമായി മിളിതമായപ്പോൾ അവൾ ലഘുവായൊരു ഭാരം ഗർഭം ധരിച്ചു അവളതിലൂടെ കടന്നുപോയി അവൾ ഭാരപ്പെട്ടപ്പോൾ അവർ തങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുസുബാനഹുവ തയാലാക്ക് പ്രാർത്ഥിച്ചു നീ ഞങ്ങൾക്ക് സൽവൃത്തനായൊരു സന്താനത്ത് നൽകുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും